പറയുക സത്യം നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ളതാണ് അതിനാൽ ആർക്കു വേണമോ അവൻ വിശ്വസിക്കട്ടെ ആർക്കു വേണമോ അവൻ നിഷേധിക്കട്ടെ തീർച്ചയായും അക്രമികൾക്കായി നാം ഒരഗ്നിയെ ഒരുക്കിവച്ചിട്ടുണ്ട് അതിന്റെ മതിലുകൾ അവരെ ചുറ്റും അവർ സഹായം തേടിയാൽ മുഖങ്ങളെ ചുട്ടു പൊള്ളിക്കുന്ന ലോഹം പോലുള്ള വെള്ളം കൊണ്ട് അവർക്കു സഹായം നൽകപ്പെടും എത്ര മോശമായ പാനീയമാണത് മോശമായ വിശ്രമസ്ഥലവുമാണത്